തന്റെ അരമന പതിമൂന്ന് ആണ്ടുകൊണ്ട് അരമന അരമനപ്പണി മുഴുവനും തീർത്തു അവൻ ലെബാനോൻ വനഗ്രഹവും പണിത അതിന് നൂറുമുഴം നീളവും അൻപത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും ഉണ്ടായിരുന്നു ദേവദാരി കൊണ്ടുള്ള മൂന്ന് നിര തൂണിന്മേൽ ഉത്തരം വെച്ച് പണിതൂരോ നിരയിൽ പതിനഞ്ച് തൂണു വീതം നാൽപ്പത്തഞ്ച് തൂണിന്മേൽ തുലാം വെച്ച് ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു മൂന്ന് നിര കിളിവാതിൽ ഉണ്ടായിരുന്നു മൂന്ന് നിരയിലും അവ നേർക്കുനേരെ ആയിരുന്നു വാതിലും കട്ടളയുമെല്ലാം സമചതുരവും കിളിവാതിൽ മൂന്ന് നിരയായി നേർക്കു നേരെയും ആയിരുന്നു അവൻ അമ്പതുമുഴം നീളവും മുപ്പതുമുഴം വീതിയുമുള്ള ഒരു സ്തംഭമണ്ഡപവും അതിന്റെ മുൻവശത്ത് തൂണും ഉമ്മരപ്പടിയുമായി ഒരു പൂമുഖവും ന്യായം വിധിക്കേണ്ടതിന് ആസ്ഥാന ഒരു സിംഹാസന മണ്ഡപവും അതിന് ആ ദേവദാരു പലക കൊണ്ട് അടിത്തട്ടിട്ടു ഇതിന്റെ പണി പോലെ തന്നെ അവൻ മണ്ഡപത്തിനപ്പുറം മറ്റേ പ്രകാരത്തിൽ അവൻ തനിക്ക് വസിപ്പാനുള്ള അരമന പണുതു ഷലോമോൻ പരിഗ്രഹിച്ചിരുന്ന പറവോന്റെ മകൾക്കും അവൻ ഈ മണ്ഡപം പോലെയുള്ള ഒരു അരമന പണിതു ഇവയൊക്കെയും അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ലുവരെയും പുറത്തെ വലിയ പ്രാകാരം വരെയും തോതിന് വെട്ടി അകവും പുറവും ഈർച്ചവാൾകൊണ്ട് അറുത്തെടുത്ത വിശേഷപ്പെട്ട കല്ലുകൊണ്ട് ആയിരുന്നു അടിസ്ഥാനം പത്തുമുഴവും എട്ടുമുഴവുമുള്ള വിശേഷപ്പെട്ട വലിയ കല്ലുകൊണ്ട് ആയിരുന്നു മേൽപ്പണി തോതിന് വെട്ടിയ വിശേഷപ്പെട്ട കല്ലുകൊണ്ടും ൊണ്ടും യോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിനും ആലയത്തിന്റെ മണ്ഡപത്തിനും ഉണ്ടായിരുന്നതുപോലെ വലിയ പ്രാകാരത്തിന്റെ ചുറ്റും മൂന്നുവരി ചെത്തിയ കല്ലും ഒരു വരി ദേവദാരവും ഉണ്ടായിരുന്നു ശലോമൻ രാജാവ് സോരിൽ നിന്ന് ഹീരാം എന്നൊരുവനെ അവൻ നഫ്താലി ഗോത്രത്തിൽ ഒരു വിധവയുടെ മകൻ ആയിരുന്നു അവന്റെ അപ്പനോ സൂര്യനായ ഒരു മൂശാരിയത്ര അവൻ താമരം കൊണ്ട് സകലവിധ പണിയും ചെയ്യുവാൻ തക്കവണ്ണം ബുദ്ധിയും സാമർഥ്യവുമുള്ളവനായിരുന്നു അവൻ ശലോമൻ രാജാവിന്റെ അടുക്കൽ വന്നു അവൻ കൽപ്പിച്ച പണിയൊക്കെയും തീർത്തു അവൻ രണ്ട് താമ്രസ്തംഭം ഉണ്ടാക്കി പതിനെട്ട് മുഴം ഉയരവും പന്ത്രണ്ട് മുഴം ചുറ്റളവും ഉണ്ടായിരുന്നു സ്തംഭങ്ങളുടെ തലയ്ക്കൽ വെപ്പാൻ അവൻ താമ്രം കൊണ്ട് രണ്ടു പോതിക വാർത്തുണ്ടാക്കി പോതിക ഓരോന്നും അയ്യഞ്ചു മുഴം ഉയരമുള്ളതായിരുന്നു സ്തംഭങ്ങളുടെ തലയ്ക്കലെ പോതികയ്ക്ക് വല പോലെയുള്ള വിചിത്രപ്പണിയും ഉണ്ടായിരുന്നു പോതിക ഓരൊന്നിനും ഇങ്ങനെ ഏഴേഴ് ഉണ്ടായിരുന്നു അങ്ങനെ അവൻ സ്തംഭങ്ങളെ ഉണ്ടാക്കി അവയുടെ തലയ്ക്കലുള്ള പോതിക മൂടത്തക്കവണ്ണം ഒരു പോതികയുടെ വലപ്പണിക്കുമീതെ രണ്ടു വരി മാതളപ്പഴം മറ്റേ പോതികയ്ക്കും അവൻ അങ്ങനെ മണ്ഡപത്തിലുള്ള സ്തംഭങ്ങളുടെ തലയ്ക്കലെ പോതിക താമരപ്പൂവിന്റെ ആകൃതിയിൽ നാലു രണ്ടു സ്തംഭത്തിന്റെയും തലയ്ക്കൽ പോതിക ഉണ്ടായിരുന്നു ഒരു പോതിക വലപ്പണിക്കരികെ കുംഭത്തോടു ചേർന്ന് ചുറ്റും വരിവരിയായി ഇരുന്നൂറ് മാതളപ്പഴം ഉണ്ടായിരുന്നു മറ്റേ പോതികയ്ക്കും അങ്ങനെ തന്നെ അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന്റെ മണ്ഡപവാതുക്കൽ നിർത്തി അവൻ വലത്തെ സ്തംഭം നിർത്തി അതിന് സ്തംഭം നിർത്തി അതിന് ബോവസ് എന്നും പേരിട്ടു സ്തംഭങ്ങളുടെ അഗ്രം താമരപ്പൂവിന്റെ ആകൃതിയിൽ ആയിരുന്നു ഇങ്ങനെ സ്തംഭങ്ങളുടെ പണി തീർന്നു അവൻ ഒരു കടൽ വാർത്തുണ്ടാക്കി അത് വൃത്താകാരമായിരുന്നു അതിന് വക്കോടുവക്ക് പത്തുമുഴവും ഉയരം അഞ്ചു മുഴവും ചുറ്റും മുപ്പതുമുഴം നൂലളവും ഉണ്ടായിരുന്നു അതിന്റെ വക്കിന് താഴെ പുറത്ത് മുഴമൊന്നിന് പത്ത് കുമിഴു വീതം കടലിന് ചുറ്റും ഉണ്ടായിരുന്നു അത് വാർത്തപ്പോൾ തന്നെ കുമിഴും രണ്ടു നിരയായി വാർത്തിരുന്നു അത് പന്ത്രണ്ട് കാളയുടെ വെച്ചിരുന്നു അവയിൽ മൂന്ന് വടക്കോട്ടും മൂന്ന് പടിഞ്ഞാറോട്ടും മൂന്ന് തെക്കോട്ടും മൂന്ന് കിഴക്കോട്ടും തിരിഞ്ഞിരുന്നു കടൽ അവയുടെ പുറത്ത് വച്ചിരുന്നു അവയുടെ പൃഷ്ഠഭാഗമൊക്കെയും അകത്തോട്ടായിരുന്നു അതിന്റെ കനം നാലങ്കുലം അതിന്റെ വക്ക് പാനപാത്രത്തിന്റെ വക്കുപോലെ താമരപ്പൂവിന്റെ ആകൃതിയിൽ ആയിരുന്നു അതിൽ രണ്ടായിരം ബത്ത് വെള്ളം കൊള്ളു അവൻ താമരം കൊണ്ട് പത്ത് പീഠം ഓരോ പീഠത്തിന് നാല് മുഴൻ നീളമുള്ളൂ ീതിയും മൂന്ന് മൂന്നുമുളം ഉയരവും ഉണ്ടായിരുന്നു പീഡങ്ങളുടെ പണി എങ്ങനെയെന്നാൽ അവയ്ക്ക് ചട്ടപ്പലക ഉണ്ടായിരുന്നു ചട്ടപ്പലക ചട്ടങ്ങളിൽ ആയിരുന്നു ചട്ടങ്ങളിൽ ഇട്ടിരുന്ന പലകമേൽ സിംഹങ്ങളും കാളകളും കെരൂപുകളും ഉണ്ടായിരുന്നു ചട്ടങ്ങളിൽ ഔവ്വണ്ണം സിംഹങ്ങൾക്കും കാളകൾക്കും മീതയും താഴെയും ോരണപ്പണിയും ഉണ്ടായിരുന്നു ഓരോ പീഠത്തിനും താമ്രം കൊണ്ടുള്ള നന്നാലു ചക്രവും താമ്രം കൊണ്ടുള്ള അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു അതിന്റെ നാലു കോണിലും കാലുകൾ ഉണ്ടായിരുന്നു തൊട്ടിയുടെ കീഴെ കാലോരോന്നിനും പുറവശത്ത് തോരണപ്പണിയോടുകൂടി വാർത്തിരുന്നു അതിന്റെ വായ ചട്ടക്കൂട്ടിന് അകത്തും മേലോട്ടും ഒരു മുഴം ഉയരമുള്ളതും ആയിരുന്നു അതിന്റെ വായ് പീഡത്തിന്റെ പണി പോലെയും ഒന്നര മുഴം വൃത്തത്തിലും ആയിരുന്നു അതിന്റെ വായ്ക്ക് കൊത്തുപണി ഉണ്ടായിരുന്നു അതിന്റെ ചട്ടപ്പലക വൃത്താകാരമല്ല ചതുരസ്രം ആയിരുന്നു ചക്രം നാലും ചട്ടങ്ങളുടെ കീഴും ചക്രങ്ങളുടെ അച്ചുതണ്ടുകൾ പീഠത്തിലും ആയിരുന്നു ക്രത്തിന്റെ ഉയരം ഒന്നര മുഴം ചക്രങ്ങളുടെ പണി രഥചക്രത്തിന്റെ പണി പോലെ ആയിരുന്നു അവയുടെ അച്ചുതണ്ടുകളും വട്ടുകളും അഴികളും ചക്രനാഭികളും എല്ലാം വാർപ്പുപണി ആയിരുന്നു ഓരോ പീഠത്തിന്റെ നാലു കോണിലും നാല് കാലുണ്ടായിരുന്നു കാലുകൾ പീഠത്തിൽ നിന്ന് തന്നെ ഉള്ളവയായിരുന്നു ഓരോ പീഠത്തിന്റെയും തലയ്ക്കൽ അരമുഴം ഉയരമുള്ള വളയവും ഓരോ പീഠത്തിന്റെയും മേലറ്റത്ത് അതിന്റെ താങ്ങുകളും അതിന്റെ വക്കുകളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു അതിന്റെ താങ്ങുകളുടെ വക്കുകളിലും അതതിൽ ഇടമുണ്ടായിരുന്നതുപോലെ അവൻ കെരൂപ് സിംഹം ഈന്തപ്പന എന്നിവയുടെ രൂപം ചുറ്റും തോരണപ്പണിയോടുകൂടെ കൊത്തി ഇങ്ങനെ അവൻ പീഠം പത്തും തീർത്തു അവക്കൊക്കെയും വാർപ്പും കണക്കും പരിമാണവും ഒരുപോലെ ആയിരുന്നു അവൻ താമ്രം കൊണ്ട് പത്തു തൊട്ടിയും ഓരോ തൊട്ടിയിൽ നാൽപ്പത് ബത്ത് വെള്ളം കൊള്ളു ഓരോ തൊട്ടി നന്നാല് മുഴ പത്തു പീഠത്തിൽ ഓരോന്നന്മേൽ ഓരോ തൊട്ടി വെച്ചു അവൻ അഞ്ചു പീഠം വലത്തുഭാഗത്തും അഞ്ചുപീഠം ആലയത്തിന്റെ ഇടത്തുഭാഗത്തും വെച്ചു കടലോ അവൻ ആലയത്തിന്റെ വലത്തുഭാഗത്ത് തെക്ക് കിഴക്കായി വെച്ചു പിന്നെ ഹീരാം കലങ്ങളും ചട്ടുകങ്ങളും കലശങ്ങളും അങ്ങനെ ഹീരാം യഹോവയുടെ ആലയം വക ശലോമോൻ രാജാവിനുവേണ്ടി ചെയ്ത പണികളൊക്കെയും തീർത്തു രണ്ടു സ്തംഭം രണ്ട് സ്തംഭത്തിന്റെയും തലയ്ക്കലുള്ള ഗോളാകാരമായ രണ്ടു പോതിക സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പോതികകളുടെ രണ്ടു ഗോളം മൂടുവാൻ രണ്ടു വലപ്പണി സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പോതികകളുടെ രണ്ടു ഗോളം മൂടുന്ന ഓരോ വലപ്പണിയിലും ഈ രണ്ട് നിര മാതളപ്പഴമായി രണ്ടു വലപ്പണിയിലും കൂടെ നാനൂറ് മാതളപ്പഴം പത്ത് പീഠം പീഡങ്ങളൻമേലുള്ള പത്ത് തൊട്ടി ഒരു കടൽ കടലിന്റെ കീഴയുള്ള പന്ത്രണ്ട് കാള കലങ്ങൾ ചട്ടുകങ്ങൾ കലശങ്ങൾ എന്നിവ തന്നെ യഹോവയുടെ ആലയം വക ശലോമോൻ രാജാവിനുവേണ്ടി ഹീരാമുണ്ടാക്കിയ ഈ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ താമ്രംകൊണ്ട് ആയിരുന്നു യോർദാൻ സമഭൂമിയിൽ സൂക്കോത്തിനും സാരേധാനും മധ്യേ കളിമണ്ണുള്ള നിലത്തു വെച്ച് രാജാവ് അവയെ വർപ്പിച്ചു ഉപകരണങ്ങൾ അനവധിയായിരുന്നതുകൊണ്ട് ശലോമോൻ അവയൊന്നും തൂക്കിയില്ല താമ്രത്തിന്റെ തൂക്കത്തിന് നിശ്ചയമില്ലായിരുന്നു ശലോമോൻ യഹോവയുടെ ആലയത്തിനുള്ള സകല ഉപകരണങ്ങളും ഉണ്ടാക്കി പൊൻപീഠം കാഴ്ചയപ്പം വെക്കുന്ന പൊൻമേശ അന്തർമന്ദിരത്തിന്റെ മുമ്പിൽ വലത്തുഭാഗത്ത് അഞ്ചും ഇടത്തുഭാഗത്ത് അഞ്ചുമായി പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ടുകൾ പൊന്നുകൊണ്ടുള്ള പുഷ്പങ്ങൾ ദീപങ്ങൾ ചവണകൾ തങ്കം കൊണ്ടുള്ള പാനപാത്രങ്ങൾ കത്രികകൾ കലശങ്ങൾ തവികൾ തീച്ചട്ടികൾ അതിപരിശുദ്ധ സ്ഥലമായ അന്തരാലയത്തിന്റെ വാതിലുകൾക്കും മന്ദിരമായ ആലയത്തിന്റെ വാതിലുകൾക്കും പൊന്നുകൊണ്ടുള്ള കെട്ടുകൾ എന്നിവ അങ്ങനെ ശെലോമോൻ രാജാവ് യഹോവയുടെ ആലയം പണി എല്ലാം തീർത്തു ശെലോമോൻ തന്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന വെള്ളിയും പൊന്നും ഉപകരണങ്ങളും കൊണ്ടുവന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ണാരത്തിൽ വെച്ചു